പ്രവർത്തമാനം ശാസ്ത്രം പറഞ്ഞു വേദാന്ത വേദ്യം അശനായതീതം അവേദ ബ്രഹ്മക്ഷത്രാതിഭേദം അസംസാരി ആത്മതത്വം അതിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് തഥാഭൂതാത്മവിജ്ഞാനം മുമ്പ് പറഞ്ഞ അകർത്താവുന്നഭോക്താവുമായ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അതിനു മുമ്പ് ആ ഞാനോ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രവർത്തമാന ശാസ്ത്രം അതിനു പ്രവർത്തിക്കുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് അവിദ്യ വിഷയത്വം നാന്തി ഭക്തന്തി അവിദ്യയുള്ളവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇവിടെ ഇവിടെയാണ് കൂടുതലായിട്ട് ഇവിടെ ചർച്ച ചെയ്യാത്ത ഞാൻ പറഞ്ഞത് അതായത് ആത്മബോധം ഉണ്ടാകുന്നതിന് മുമ്പ് ശാസ്ത്രങ്ങളെല്ലാം അവിദ്യയുള്ളവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ശരിയാണ് പിന്നെ ആത്മബോധം ഉണ്ടായതിന് ശേഷം അവിടെയും അദ്വൈതത്തിന്റെ നിലപാടാണ് ആത്മബോധം ഉണ്ടായതിനു ശേഷം ആത്മബോധമുള്ളവന് ശാസ്ത്രം പ്രമാണമാണോ പ്രമാണമാണ് ആത്മബോധം ഉണ്ടായവന് ശാസ്ത്രം പ്രമാണമാണ് ഏ എന്തുകൊണ്ടല്ലോ ൾ പറയുന്ന അനുസരിച്ച് ആത്മബോധം ഉണ്ടായിക്കഴിഞ്ഞാലും അവന് ശാസ്ത്രം പ്രമാണമാണ് ശാസ്ത്രം പ്രമാണമെന്ന് വെച്ചാൽ എന്താണ് ശാസ്ത്രം പ്രമാണം എന്നു വെച്ച അതിന്റെ അർത്ഥം എന്താണ് എന്താണ് ശാസ്ത്രം പ്രമാണെന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ലേതിഹസം പ്രമാണെന്നു അല്ലെന്നറിയാൾക്കും അറിയില്ലേ ശാസ്ത്ര അനുസരിച്ചാണ് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി വരുന്ന വേദമാണ് അത് പ്രമാണമാണോ അല്ലേന്ന് പറഞ്ഞിട്ട് പ്രമാണം എന്താണെന്ന് പറയുന്നു എന്താണ് അതായത് എല്ലാർത്ഥം ശാസ്ത്രം പ്രമാണം പറഞ്ഞാൽ ശാസ്ത്രത്തിൽ നിന്നും ഉണ്ടാകുന്നത് ശരിയായ ഒരവാണ് പ്രമേയമാണ് ശാസ്ത്രം പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ് ശാസ്ത്രത്തിൽ നിന്നുണ്ടാവുന്നത് ശരിയായ അറിവാണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പ്രമാണം പ്രമാണത്തിൽ നിന്നാണ് പ്രമേയം ഉണ്ടാവുന്നത് അപ്പൊ ഒരാൾക്ക് ആത്മബോധം ഉണ്ടായി അയാള് എന്ത് ചെയ്യുന്നുണ്ടായതിനു ശേഷം അയാൾക്ക് ശാസ്ത്രത്തിൽ നിന്നുണ്ടാവുന്ന ആ അത് പ്രമേയാണോ എന്നാണ് ചോദ്യം ശരിയായ അറിവാണ് ആ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ പറയുന്ന എന്താണ് പ്രമാണമാണ് പക്ഷെ അതെങ്ങനെ പ്രമാണമാകുമെന്നുള്ളതാണ് അപ്പോ ശാസ്ത്രം എന്ന് പറഞ്ഞ അദ്വൈതയോടെ സംബന്ധിച്ച് എന്താണ് േദമാണ് അതിന് പൂർവകാണ്ടു കൊണ്ട് ഉത്തരകാണ്ഡുണ്ട് അതെ വിശ്വസിക്കാൻ പോകുന്ന അതാണ് പൂർവകാന്ഡത്തെ എടുക്കാം പൂർവകാന്ഡത്തെ എടുത്തു കഴിഞ്ഞാല് അത് അജ്ഞനെ സംബന്ധിച്ച് അത് പ്രമാണമാണ് അജ്ഞനെ സംബന്ധിച്ച് അവിദ്യ ഉള്ളതിനെ സംബന്ധിച്ച് അതിലൊന്ന് പറയുന്നതെല്ലാം അത് പറയുന്നതെല്ലാം പ്രമേയാണ് ി അതാണ് വിശദീകരിക്കാൻ പോകുന്നത് അപ്പോ തത്വജ്ഞാന നിലപാടെന്താണോ പൂർവ്വകാന്ഡം എന്ന് പറയുന്നത് അവിദ്യയുള്ളവനെ സംബന്ധിച്ച് എന്താണോ അത് പ്രമാണമാണെന്ന് വെച്ചാൽ അവിദ്യയുള്ളവൻ അതിൽ നിന്നുണ്ടാവുന്നത് ശരിയായ അറിവാണ് അതുകൊണ്ടാണ് അവൻ അവിദ്യയുള്ളവൻ യാഗം ചെയ്യുന്നു സ്വർഗത്തിന് പോകാൻ വേണ്ടി അതൊന്നും വേണ്ട എന്നും പറയത്തില്ല അത് ശരിയല്ല എന്ന് പറയത്തില്ല യാഗം കിട്ടിയാൽ സ്വർഗ്ഗം ത്യാഗം ചെയ്ത സ്വർഗം കിട്ടത്തില്ല ഇവിടെ പറയുന്ന അദ്വൈതം ഞാൻ ഈ പറയത്തില്ല വേദം പ്രമാണമാണ് പ്രമാണമായി തന്നെ ഇരിക്കണം പിന്നെ ഇനി ഉത്തരകാണ്ഡവം പറയുന്ന ശാസ്ത്രം ഉത്തരകാണ്ഡവം പറയുന്ന ശാസ്ത്രത്തിൽ പറയുന്ന എന്താണ് തത്വമസി അഹംബ്രഹ്മാസ്മി അങ്ങനെയുള്ള വാക്യങ്ങൾ കേൾക്കുന്ന ആത്മബോധം ഉണ്ടാവുന്നത് അതിൽ നിന്നുണ്ടാകുന്നത് ശരിയായ അറിവാണ് അപ്പൊ തത്വം അതിനീകരിക്കുന്നുണ്ടോ തത്വം മസി എന്ന് പറയുന്ന വാക്യം കേട്ടുകഴിഞ്ഞാൽ അതിൽ യഥാർത്ഥമായ ബോധം ഉണ്ടാവും ഇത് ജ്ഞാനികൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിച്ചില്ലെങ്കിൽ അവർക്ക് ശിഷ്യന്മാർക്ക് ഉപദേശിക്കാൻ പറ്റാതെ വരും ജ്ഞാനി ആയിരിക്കുമ്പോഴും ശിഷ്യന്മാർ ഉപദേശിക്കുന്നത് എന്താണ് ഈ വാക്യങ്ങളാണ് എന്താണ് ത്തിൽ പറയല്ലോ എന്താണ് അതാണ് മഹാവാക്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ് പ്രജ്ഞാനന്ദിഹമസ്മി അവിടെയൊക്കെ എന്താണ് ഉപദേശിക്കുന്നത് മഹാവാക്യങ്ങൾ ഉപദേശിക്കുന്നത് ഞാനി അതാണ് അദ്വൈതീ അദ്വൈതത്തിന്റെ ആ പാരമ്പര്യ രീതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മഹാവാക്യങ്ങൾ ഇത് ആരാ ഉപദേശിക്കുന്നത് ഞാനിപ്പൊ ഈ വാക്യങ്ങൾ നിന്നും കേൾക്കുന്നവന് യഥാർത്ഥമായ അറിവുണ്ടാവും എന്നാണോ ഞാൻ കരുതുന്നത് ആ അങ്ങനെ കരുതി ഉപദേശിക്കാൻ പറ്റും അപ്പൊ തത്വജ്ഞാനം ഉള്ളവനും എന്താണ് ഉത്തരകാണ്ഡത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ശാസ്ത്രം അവർക്ക് പ്രമാണമാണ് ശാസ്ത്രത്തെ പ്രമാണമായി തന്നെ സ്വീകരിക്കുന്നത് പക്ഷെ ആ പ്രമാണം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് പൂർവ്വകാന്ഡം പോലെയല്ല പൂർവകാന്ഡ അത് അവിദ്യ ഉള്ളതിന് പ്രമാണമെന്ന് പറയുന്നു ഉത്തരകാണ്ഡത്തെ സംബന്ധിച്ചൊരു വ്യത്യാസമുള്ളതാണ് നേരത്തെ പറഞ്ഞത് ഉത്തരകാന്ഡം ഒരു ജ്ഞാസുവായ ഒരുവന് ഉപദേശിക്കുമ്പോ അവനെ ആത്മജ്ഞാനത്തിൽ എത്തിക്കുന്നു അപ്പോ ആത്മജ്ഞാനത്തിൽ അവനെത്തിക്കുന്നതുവരെ അവന്റെ അവിദ്യ ആശ്രയിച്ചാണ് ആ ശാസ്ത്രം പ്രവർത്തിക്കുന്നത് ആത്മജ്ഞാനത്തിൽ ഒരാളെ എത്തിക്കുന്നതുവരെ ആ ശാസ്ത്രം എന്തിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് അവിദ്യ ആശ്രയിക്കുന്നതിന് നേരത്തെ സമാധാനം പറഞ്ഞു എന്താണ് പുരു എന്തുകൊണ്ട് അവിദ്യയുള്ളവനെ ആശ്രയിക്കുന്നു പറഞ്ഞു നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് എന്താണ് കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ചു പറഞ്ഞു പ്രമാതാവ് പ്രമേയം ഇങ്ങനെയൊക്കെയുള്ള ഭേദം ഉണ്ടാകുന്ന അവിദ്യ ഉള്ളൂ ഈ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ് ഒരാള് ഈ ശാസ്ത്രത്തെ ആശ്രയിക്കുന്നതും അവൻ പ്രമാദാവുന്നതും അവന് പ്രമാ പ്രമേയത്തെക്കുറിച്ചുള്ള പ്രമേയം ഉണ്ടാകുന്നതുമല്ല അപ്പോ ഉത്തരകാണ്ഡത്തിനെ ആശ്രയിക്കുന്നവനും അവിദ്യ ഉള്ളവനാണ് അവനെ ആശ്രയിക്കുന്നത് ശരി ആ അതിനെ ആശ്രയിച്ചിട്ട് അവന് ബോധമുണ്ടാവുന്നു ബോധം ഉണ്ടാകുമ്പോൾ അവൻ്റെ അവിദ്യ നശിക്കും അഭ്യാസം നശിക്കുന്നതു ശരിയാണ് പക്ഷെ ബോധം ഉണ്ടാകുന്നതുവരെ എന്ത് വരുന്നു അവദ്യ ഉണ്ട് അവിദ്യ ആശ്രയിച്ചുകൊണ്ടാണ് അവൻ ഈ ശാസ്ത്രത്തെ സ്വീകരിച്ചത് ഇതൊക്കെ പ്രധാനമായ പോയിന്റുകളാണ് അപ്പൊ ശാസ്ത്രം പ്രമാണമായിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിദ്യ ഉള്ളവനായ എന്തായാലും പ്രമാണമാണ് പിന്നെ ഇനി ശാസ്ത്രത്തിൽ നിന്ന് ഈ ബോധം ഉണ്ടായി അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിൽ നിന്ന് ഈ ബോധമുണ്ടായ അവിദ്യ നശിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് ഈ ശാസ്ത്രം പ്രമാണം തന്നെയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പ്രമാണമായിരിക്കുന്നത് ശിഷ്യന്മാർക്ക് ഇതേ ശാസ്ത്രം ഉപദേശിക്കുന്നു അപ്പൊ പ്രമാണമായി അംഗീകരിച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത് ശിഷ്യന് വീണ്ടും അതിൽ നിന്ന് ബോധം ഉണ്ടാകണമെങ്കിൽ ഇത് പ്രമാണമായാലേ പറ്റും അപ്പോ ിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്താണ് ശാസ്ത്രം പ്രമാണം തന്നെയാണ് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആത്മബോധം ഉണ്ടായത് ശാസ്ത്രം പ്രമാണം തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല അതെവിടെയാ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നു ഗുരുന്ന് ഗുരുഇവിടെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഏ അത് സി എഴുതിയെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല ഗുരു എഴുതിയല്ല മനസിലായ സി വി എഴുതിയത് കൊണ്ട് അതാദ്യം ഉണ്ട് അത് കൊണ്ടു കണിയപ്പോഴേ സി വി ഗുരുവിന്റെ ഗുരു പറഞ്ഞെന്നും പറഞ്ഞ് സി വി എഴുതി വെച്ചാണ് നിങ്ങളെപ്പോലെയുള്ള പൊട്ടന്മാര് നാട് മുഴുവൻ പ്രസംഗിച്ചു കൊണ്ടു ഗുരു പറഞ്ഞ പല കാര്യങ്ങളും അറി പറഞ്ഞിരിക്കുന്നത് അന്നത്തെ സമകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും എന്താ ഗുരു പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഗുരുവിന്റെ ചില ആശയങ്ങളില്ല എന്നുള്ള എല്ലാം അത് ഒന്നാണെന്നൊക്കെ പറയുന്ന ഗുരുവിന്റെ ആശയങ്ങളുണ്ട് ഏ എഴുതി വെച്ചിരിക്കുന്ന ഇവിടെ പൊട്ടന്മാരെല്ലേ ഉള്ളു സി വി കുഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞതന്നെ മനസ്സിലായില്ല അത് വേദികളുടെ നിലപാടെന്താണെന്നുള്ള കാര്യം അത് വേദികളുടെ നിലപാടെന്താണെന്നുള്ള ഇപ്പൊ വ്യക്തമായത് അല്ലെങ്കിൽ തത്വം സീവരാക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതിനെ പ്രമാണമായി അംഗീകരിച്ചുകൊണ്ട് അത് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് അതിൽ നിന്ന് ബോധം ഉണ്ടാകില്ല അത് പ്രമാകരണമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് തത്വത്തിൽ ഉപദേശിക്കുന്ന ആള് തടയ്ക്ക് സൗകര്യമില്ലാത്ത ആളായിരുന്നു അപ്പൊ അതിനെ പ്രമാണമായി അംഗീകരിച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത് ഇനി പറയണ അത് ശരി വേണ്ടിയിട്ട് ശിഷ്യന് വേണ്ടിയിട്ടതിനെ ഗുരു പിന്നെ എന്താണ് പ്രമാണമായി സ്വീകരിച്ചാണ് ഗുരുവിന് സ്വയം അത് പ്രമാണമല്ല എന്തുകൊണ്ട് ഗുരുവിന് ഞാനും ഉണ്ട് അല്ലേ ഗുരുവിന് ഞാനും ഉണ്ട് അപ്പൊ പിന്നെ ഗുരുവിന് അത് പ്രമാണം എന്ന് പറയണെങ്കിൽ ഗുരുവിനെ ശിഷ്യന് വേണ്ടി ഗുരു പ്രമാണമായി സ്വീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ചോദ്യം വരും ഗുരുവിന്റെ മുമ്പിൽ ആരെങ്കിലും തത്ത്വ മസീന്ന് പറഞ്ഞു ഗുരുവിന് പോയത് കൊണ്ടാവും എന്ത് പോയത് കൊണ്ടാവുന്നു ഗുരുവിന്റെ മുമ്പിൽ ആരെങ്കിലും ഈ വേദവാക്യം പറഞ്ഞാൽ ഗുരുവിന് തത്വമസീന്ന് പറഞ്ഞാൽ ബോധം ഉണ്ടാവു ഏ ഇല്ലേ അത് തന്നെ ഗുരു അത് തന്നെ കേട്ടോ ഗുരുവിനോട് ഒരു ശിഷ്യ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഗുരുവിന് ബോധം ഉണ്ടാവു ഏ കോഹം പുതോ ജഗതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതുവരെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു കേട്ടിട്ട് ഗുരുവിനെ ചോദ്യം കേട്ട ബോധ്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ തത്വമസീന്ന് പറഞ്ഞാൽ ഗുരുവിന് ബോധം ഉണ്ടാവും ചോദിച്ചതിന്റെ ഉത്തരം തത്വമസീന്ന് ഗുരുവിനോട് ശിഷ്യൻ ചെന്ന് ചോദിക്കുന്നു കോഹം കുതോ ജഗതി ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിന് ബോധം ഉണ്ടാവും എന്നാ ചോദിച്ചത് ഓൾറെഡി ബോധനാണല്ലോ ചോദിച്ചത് മനസ്സിലായില്ല കോഹം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്ന് ശിഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവിന് എന്തെങ്കിലും ബോധം ഉണ്ടാവും അതൊരു ബോധം ഉണ്ടാവത്തില്ലേ ഗുരുവിന് ശിഷ്യന് ബോധം ഓ ഒരു രക്ഷ ഗുരുവിന് ബോധമുണ്ടല്ലോ ഒരു രക്ഷ നോക്ക് കോഹം എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ അർത്ഥം ആ ശരി ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കൂ കോഹം ബോധം ഉണ്ടായാധ്യ ഇങ്ങനെ ഈ ചോദിച്ചെന്ന് കേട്ടപ്പോ ബോധം ഉണ്ടായോന്നുണ്ടായു അപ്പൊ ഒരു ഗുരുവിന്റെ മുമ്പിൽ ചെന്നിട്ട് ശിഷി ഇതുപോലെ ചോദിക്കുന്നു ഗുരുവിന് ബോധം ഉണ്ടാവും പിന്നെ ഞാൻ എന്താ ചോദ്യം ചോദ്യം മനസ്സിലായോന്നാ ബോധം ഉണ്ടായോന്ന് ചോദിച്ചതിന്റെ അർത്ഥം ചോദ്യം മനസ്സിലാവൂ അത് തന്നെ ബോധംന്ന് പറയുന്നു നോക്ക് ചോദിക്കുന്ന എന്താ കോഹം ഇതന്നെ ചോദിക്കുന്നത് കേൾക്കുന്ന ഗുരുവിന് ഈ ചോദ്യം മനസ്സിലാവണ്ടേ അതിനാണ് ബോധമെന്ന് പറയുന്നത് അത് ഉണ്ടാവും എന്നാ ചോദിച്ചത് ആ അതുപോലെ അങ്ങനെയാണെങ്കിൽ തത്വമസീന്ന് ശിഷ്യം പറയുന്നു അല്ലെങ്കിൽ ഗുരു എവിടെന്നെങ്കിലും കേട്ടു വേദം ചൊല്ലുന്നു കേട്ടു ഗുരുവിന് ബോധം ഉണ്ടാവുന്ന ചോദിച്ചു ഭാഷ പറഞ്ഞാൽ ഗുരുവിന് മനസ്സിലാവും ആ അപ്പൊ ബോധം ഉണ്ടാവും ബോധം ഉണ്ടാവുമെങ്കിൽ അത് ശരിയായ ബോധമായിരിക്കും അതോ ഭ്രാന്തി ആയിരിക്കും ഭ്രാന്തിയല്ലേ ശരിയായ ബോധമാണോ അതോ ഭ്രാന്തി ആണോ ശരിയായ ബോധമാണോ ബോധമാണെങ്കിൽ ആ വാക്യം പ്രമാണമായി വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ബോധത്തിനാണെന്ന് പറയുന്നത് പ്രമ വാക്യത്തിൽ നിന്നും ഉണ്ടാകുന്ന ബോധത്തിനാണ് പ്രമ എന്ന് പറയുന്നത് ആ പ്രമേയക്ക് പ്രമ ഏതാണോ ഉണ്ടാക്കുന്ന അതിനാണ് പ്രമാണോ മനസ്സിലായോ അപ്പോ ഗുരുവന് ഏതെങ്കിലും ഒരു വാക്യം ഒരാൾ കേൾക്കുമ്പോ ആ വാക്യത്തിന്റെ ശരിയായ അർത്ഥമായൊക്കെ മനസ്സിലാക്കിയ വാക്യം പ്രമാണവും പ്രമാണോ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് അപ്പൊ ശരി ശിഷ്യനെ സംബന്ധിച്ചാലും ശരി ശരിയായ ബോധം ഒരു വാക്യം കേൾക്കുമ്പോ ഉണ്ടായ വാക്യം പ്രമാണമാണ് അപ്പോ ഒരാള് തത്വം അറിഞ്ഞും അതുകൊണ്ട് പിന്നീട് വാക്യം കേട്ട ബോധം ഉണ്ടാകില്ല എന്നുള്ളതല്ല അത് ശാസ്ത്രം ഒന്നറിഞ്ഞൂടാത്തോണ്ട് പറയുന്നു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത്തരം വാക്യങ്ങളാണ് അതാര് കേട്ടാലും അവർക്ക് ബോധം ഉണ്ടാകുമെങ്കിൽ ആ ബോധത്തേനോ പ്രമാണെന്നും വാക്യത്തെ പ്രമാണമെന്നും പറയും അപ്പൊ ബോധം ഉണ്ടായിരുന്നു പറയണം നേരത്തെ തന്നെ ബോധം ഉണ്ടായിരുന്നു ശരി അതുകൊണ്ട് എന്താ പിന്നീട് ബോധം ഉണ്ടായിക്കൂടി നേരത്തെ ബോധമുള്ളതിനും വീണ്ടും ബോധം നേരത്തെയുള്ളവർ വീണ്ടും ബോധം ഉണ്ടാകൂടുന്നില്ല ഇപ്പോൾ ഗുരുവിന്റെ അടുത്ത് ഇന്ന് ചോദിക്കുകയാണ് കോഹം ഗുരുവിന് ഇന്ന് അത് കേട്ടോ മനസ്സിലായി നാളെ വേറെ ആളും ഇന്ന് ചോദിക്കുകയാണ് കോഹം അന്ന് മനസ്സിലാകത്തില്ല ഇപ്പൊ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ബോധമാണ് പ്രമാന്ന് പറയുന്നത് അതിന്റെ കാരണമാണ് പ്രമാണം അത് നിരന്തരം ഒരാൾ മരിക്കുന്നതുവരെ വാക്യങ്ങൾ കേൾക്കുമ്പോൾ അയാൾക്ക് പ്രമുണ്ടായിക്കൊണ്ടേയിരിക്കും മരണം വരെ അപ്പോ അങ്ങനെ ഉണ്ടായാൽ ആ വാക്യങ്ങളെല്ലാം അയാളെ സംബന്ധിച്ച് എന്തായിരിക്കും പ്രമാണമായിരിക്കും പെർമയുണ്ടാക്കിയത് കൊണ്ട് അതുകൊണ്ട് പിന്നെ ആ വാക്യം കേൾക്കുമ്പോ ഭ്രമമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പ്രമാണമാകും ഇത്രയുള്ള വ്യത്യാസം ശരിയായ അറിവാണ് എങ്കിൽ അത് പ്രമാണമായിരിക്കും അപ്പോ ഗുരുവിനെ സംബന്ധിച്ച് എന്താണ് ഗുരുവിനും നേരത്തെ തന്നെ ബോധം ഉണ്ടായി ഗുരുവിനെ പറയുന്നു പ്രജ്ഞാനം ദുഃഖമസ്മി തത്വമസി ഇതിൽ നിന്നാണ് ബോധം ഉണ്ടാകുന്നത് ഗുരുവിന് നേരത്തെ ഉണ്ടായി ബോധം ഉണ്ടായി എന്താണ് വീണ്ടും ഗുരുവിനെ കേട്ടാൽ വീണ്ടും ബോധം ഉണ്ടാകും അത് രണ്ടാമത് ബോധം ഉണ്ടാകുന്നതിന് ആദ്യത്തെ ബോധം തടസ്സമാണ് എന്താണ് ഈ ബോധം ഉണ്ടാവുക എന്ന് പറയുന്നതെന്നും നമ്മൾ ആദ്യതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നാട്ടില് നമുക്ക് ബോധമില്ലാത്തോണ്ടാണ് മനസ്സിലായേ നമുക്ക് ബോധമില്ലാത്തോണ്ട് നമ്മളാൾക്കാര പദവും പറഞ്ഞുകൊണ്ടാണ് അപ്പോ ആർക്കാണ് ബോധം ഉണ്ടാകുന്നത് വാക്യം കേൾക്കുമ്പോൾ ആ വാക്യം പ്രമാണം വാക്യത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം ഗുരുവനും കേട്ട ബോധം ഉണ്ടാവും ഗുരുവനും പ്രമാണമാണ് പ്രമേയം ഉണ്ടാവും പിന്നെ ശാസ്ത്രം തത്വജ്ഞാനിക്ക് ശാസ്ത്രം പ്രമാണമല്ല എന്ന് പറയാം അത് ഏതിനെയാണ് പറയുന്നത് എവിടെയാ പറയുന്നത് തത്വം ഞാൻ എനിക്ക് ശ്വാസം പുറമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതെവിടെയാ പറയുന്നത് എന്തു പറഞ്ഞാലും സമാധിയോ ഏത് ബോധമല്ല ആർക്കും പറയും ബോധമുണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ സമാധി എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും പ്രമാണല്ലെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ രണ്ടു തരത്തിലുള്ള ആത്മജ്ഞാനത്തെ കുറിച്ച് അപ്പൊ പൂർവകാന്ഡത്തിൽ പറയുന്ന ആത്മാവ് ആത്മാവ് കർത്താവാണ് ഭോക്താവാണ് എന്നെല്ലാം പറയുന്ന വാക്യങ്ങൾ അപ്പൊ ആ വാക്യങ്ങൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണമല്ല മനസ്സിലായത് എന്തുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ആത്മാവിനെ സംബന്ധിച്ചുള്ള പ്രമേയമല്ല അപ്പൊ പൂർവകാന്ഡത്തിലെ വാക്യങ്ങൾ ശാസ്ത്രം പ്രമാണമല്ല എന്നുകൊണ്ട് ഞാൻ അർത്ഥം ആശ്രയിക്കുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ പൂർവ്വകാന്ഡത്തിലെ വാക്യങ്ങൾ തത്വജ്ഞാനിക്ക് പ്രമാണം അല്ല അവിടെ യോജിപ്പിക്കാം സി പറഞ്ഞത് എന്താണ് അജ്ഞൻ പ്രമാണമായി സ്വീകരിക്കുന്ന വാക്യങ്ങൾ കർമ്മ പണ്ടികളൊക്കെ അതിനാണ് പ്രമാണമായി സ്വീകരിക്കുന്നത് ആ വാക്യങ്ങൾ തത്വജ്ഞാനിക്ക് പ്രമാണം അല്ല അപ്പൊ സി വി കുറച്ച് കാര്യമുണ്ട് മുഴുവൻ അബദ്ധമുണ്ട് കേട്ട ആൾക്കാർ തിരിത്തിരിക്കുക ചെയ്യും പക്ഷെ തത്വജ്ഞാനിയുടെ പ്രമം ആ പ്രമയ്ക്കനുസരിച്ച് അതേ പ്രമേയം ഉണ്ടാക്കുന്ന വാക്യങ്ങൾ തത്വജ്ഞാനിക്ക് പ്രമാണമാണ് അത് മാത്രമല്ല മറ്റ് സാധാരണ പറയുന്ന നമ്മളെ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ശരിയായ അറിവുണ്ടാക്കുന്ന എല്ലാ വാക്യങ്ങളും പ്രമാണമാണ് കാരണം വാക്യങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രമാ ഈ അനുഭവങ്ങളൊക്കെ വ്യാവാരികമായ ലോകത്തുള്ള അനുഭവങ്ങളാണ് അതില് ചില വാക്യങ്ങൾ ചിലർക്ക് പ്രമേയം ഉണ്ടാക്കുന്നതിൽ ചിലർക്ക് ചില വാക്യങ്ങൾ ഉണ്ടാക്കുന്ന അവർ തിരിച്ചറിയണമെന്നില്ല കാരണം പൂർവഖണ്ഡത്തിലെ വാക്യങ്ങൾ കർമ്മികളെ സംബന്ധിച്ച് അവര് ധരിച്ചിരിക്കുന്ന എന്താണ് ഇതൊക്കെ ശരിയാണെന്നാണ് അവർക്കുണ്ടായത് ഭ്രമമാണ് പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് അവർക്കത് പ്രമാണമാണ് അവരതിനെ കരുതുന്നു തത്വജ്ഞാനി ഭ്രാന്തിയായിട്ട് കണക്കാക്കുന്നു ആത്മാവ് ഭർത്താവാണ് എന്നറിഞ്ഞാ ഭ്രാന്തിയാണ് അപ്പൊ തത്വജ്ഞാനിയെ സംബന്ധിച്ച് അത് പ്രമാണമല്ല പൂർവ്വകാന്ഡത്തിലെ വാക്യങ്ങൾ പക്ഷേ ഉപനിഷത്തിലെ വാക്യങ്ങൾ അത് പ്രമേയാണ് പ്രമാണെന്നുണ്ടാകുന്നുണ്ടാകുന്നത് ആർക്കുണ്ടായാലും അത് പ്രമേയാണ് ഇതാണ് എന്റെ വ്യത്യാസം ഇനി പറയാൻ പോകുന്നു അക്കാര്യമാണ് പിന്നെ എന്താണ് ഈ പറയുന്നത് ഞാൻ പരവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ജ്ഞാനം എന്ന് പറയുന്നത് അപരോക്ഷമായേ ഉള്ളൂ പരോക്ഷമായി ജ്ഞാനം എന്ന് പറയുന്ന ഒന്നില്ല ജ്ഞാനം എപ്പോഴും എന്തായിരിക്കും അവരോക്ഷമായി പരോക്ഷ ജ്ഞാനം അങ്ങനെ ഒന്നില്ല അതൊക്കെ ഈ മുറി വേദാന്തികള് പ്രേരിപ്പിക്കുന്ന അബദ്ധങ്ങളാണ് ജ്ഞാനത്തിന്റെ സ്വഭാവം തന്നെ എന്താണോ അപരോഷമായിരിക്കുന്നത് അപ്പൊ ഞാനെപ്പോ അവരോഷമായിരിക്കും എത്ര പറഞ്ഞാൽ പണ്ട് ഇവിടുന്ന് എന്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടേരി ഞാൻ പറയുന്ന ഇങ്ങനെ ശാസ്ത്രജ്ഞ ഉണ്ടെന്നാ പറയുന്നത് ശാസ്ത്രങ്ങൾ ഇങ്ങനെ പലർക്കും അതിന് ശരിയത് തെറ്റെന്ന് നമ്മള് വേറെ തിരിച്ചറിയില്ല ജ്ഞാനത്തിന്റെ സ്വഭാവമാണ് അവരോഷമായിരിക്കുന്നത് പിന്നെ പരോക്ഷം അവരോഷം എന്ന് പറയുന്നേ എന്തിനാ പരോക്ഷംന്ന് പറയുന്നത് എന്തിനാണ് വ്യവഹാരികളെന്നാണോ പറഞ്ഞത് അതിനും ബോധം വരുന്നില്ല പരോക്ഷം പറഞ്ഞ എന്തിനാരിക ജീവിതത്തില് പറഞ്ഞു ഇപ്പൊ ഇനി എന്തു പറഞ്ഞാലും കൊറേ കാലം ധർമ്മകണ്ടെങ്കിൽ നമ്പര് കിട്ടി പരോക്ഷംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരറിവിന്റെ വിഷയമാണ് പരോക്ഷമായിരിക്കുന്നത് ജ്ഞാനമല്ല മനസിലായ ഇപ്പൊ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ പരോക്ഷമാണ് ജ്ഞാനമല്ല പരോക്ഷമായിരിക്കുന്നത് പിന്നെന്താണെന്ന് വിശേഷ അമേരിക്കയാന്ന് പറയുന്ന എത്രയോ തവണ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണിപ്പോലാത്തമാരായിപ്പോളി തെളിഞ്ഞ ഞാനിത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്കത് എത്ര കാലം പറയാൻ പറ്റും അതിനകം എന്തെങ്കിലും തെളിയോ എനിക്കത് കാര്യം പറയാൻ പറ്റും തോന്നില്ല ാണ് അനുഗ്രഹമാണ് ശരി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാലം എന്ന് പറയുന്നത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാലം എന്ന് പറയുന്നത് കൊറഞ്ഞ് കുറഞ്ഞുവരികയാണ് അതിനനുസരിച്ചുള്ള എല്ലാ ശേഷികളും കുറഞ്ഞു വരികയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു പരിചയമുണ്ട് അതിനെ പറയും മുമ്പോട്ട് പോകത്തില്ല മനസ്സിലായി പിന്നെ ഇതൊക്കെ പറയുന്നതിന് ഇനി കിട്ടാനും പ്രയാസമാണ് കാരണം കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങളെ പോലും നിങ്ങളൊക്കെ അല്ല പറയാൻ പോകും ഇത് പറഞ്ഞാൽ ആയിരിക്കും നിങ്ങള് പറയുന്നത് അറിയുന്ന ആര് പറയാറ് പറയാന കിട്ടുണ്ട് കേൾക്കുന്നവരുടെ അവസ്ഥ ഇതാണ് പിന്നെ ഇത് ആര് പറയും അതായത് പരോക്ഷം എന്ന് പറയുന്നപ്പോഴും വിഷയത്തെ സംബന്ധിച്ചാണ് അദ്വൈതികളുടെ നിലപാട് ജ്ഞാനത്തെ സംബന്ധിച്ച് ഞാനും ഇപ്പോഴും എന്തായിരിക്കും അപരോക്ഷം തന്നെയായിരിക്കും ഇപ്പൊ പരോക്ഷമായ ജ്ഞാനവും അങ്ങനെയൊന്നുമില്ല പരോക്ഷ വിഷയങ്ങൾ എപ്പോഴും ഉണ്ടാവും ഈ മുറി ഈ മുറിക്ക് അപ്പുറത്തിരിക്കുന്ന ഈ ചോറിനപ്പുറത്തിരിക്കുന്ന വസ്തുക്കളൊക്കെ എനിക്ക് പരോക്ഷമാണ് പക്ഷെ എന്റെ ഉള്ളിലിരിക്കുന്ന ആർ എന്തുകൊണ്ട് വസ്തുവെന്ന് പറയുന്നത് ഈ ചവറിന് അപ്പുറമായിരിക്കും റിവ് എവിടെയിരിക്കുന്നു എന്റെ ഉള്ളിൽ അതെപ്പോഴും അപരോക്ഷമായിരിക്കും എന്റെ ഉള്ളിൽ ഇരിക്കുന്നോണ്ടാണ് അതിനപരോഷം എന്ന് പറയുന്നത് അറിവിന്റെ സ്വഭാവം ഇനി അറിവ് നമ്മൾ അറിയുന്ന ഒരു സാധനമാണെങ്കിൽ അതിനെ പരോക്ഷമായിരിക്കാൻ പറ്റും പൊളിഞ്ഞിരിക്കാൻ പറ്റും അറിവിനെ അറിയാനും ആരുമില്ല എന്നാരാ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടത് അപരോക്ഷമായി അറിവ് എത്ര പരോക്ഷനാണ് അപരോക്ഷ ഇതൊന്നും ഇനി പറഞ്ഞുകൊണ്ട് കിടക്കരുത് ഇനി എപ്പോഴെങ്കിലും ഒരു അബദ്ധത്തിൽ പറഞ്ഞാലും ശരി ഞാൻ എമ്പത് എമ്പതിന്റെ എൺപത് ഷഴു അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ം പ്രമാണമാണോ അറിവുള്ളവനും അറിവുള്ളവനും പ്രമാണം തന്നെയാണ് അറിവുള്ളവനും ശാസ്ത്രത്തിൽ നിന്ന് ഏത് ശാസ്ത്രം ഉണ്ടെങ്കിൽ പ്രത്യേകതയുണ്ട് മനുഷ്യശാസ്ത്രത്തിൽ നിന്ന് അറിവുള്ളവനും പിന്നെ അറിവ് തന്നെ ഉണ്ടാവും അറിവ് ഒരിക്കലും പിന്നെ ഉണ്ടാകാത്ത സാധനങ്ങളൊന്നുമല്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്ത ആദ്യത്തെ രണ്ടാമത്തെ അറിവ് തള്ളിക്കളയത്തില്ല വീണ്ടും ഉണ്ടാവുക അല്ലാതെ ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ് കൊലക്ക പോലെ ചെയ്യുന്ന ഒരു സാധനം തടസ്സം നിൽക്കുന്ന കാര്യം അറിയുന്നു അപ്പോ ഇവിടെ പറയുന്നു പ്രാക്ത തഥാഭൂതാത്മവിഞ്ഞാ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെ അകടത്താവായും അഭോക്താവായും ആത്മാവിനെ അറിയുന്നതിന് മുമ്പ് ശാസ്ത്രങ്ങളെല്ലാം അവിദ്യയുള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു ആത്മാവിനെ അകർത്താവായി അറിഞ്ഞുകഴിഞ്ഞാൽ എന്താണ് അവനിൽ അവിദ്യയില്ല അവനില് അവിദ്യ ഇല്ലാത്ത കൊണ്ട് എന്താണ് പിന്നെ അവന് ശാസ്ത്രം അവന് പിന്നെ ഉണ്ടോ അവിദ്യയുള്ളവനുസരിച്ചാണ് ശാസ്ത്രം ഇരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ശാസ്ത്രമുണ്ടോ അവന് അവദ്യ പിന്നെ ശാസ്ത്രമുണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് ശാസ്ത്രം ഒരു ശാസ്ത്രം പ്രമാണമാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവനുള്ള അവദ്യ കാണല്ലോ അതിനാണ് എന്തു പറയുന്നത് പ്രാരബ്ദം ഇരിക്കുന്നു പ്രാരബ്ധരിക്കുന്നു പറരുത് ഈ പഠിത്തങ്ങളെന്ന് ഈ പറയരുത് എന്താ ഈ ദേശാവിദ്യ ഇത് എവിടെ നീട്ടിയത് ദേശാവിദ്യ ഇവിടെ പ്രാരബ്ദം എന്ന് പറയുന്നു ദേശാവിദ്യ എന്ന് പറയുന്നുണ്ട് വിശ്വാസങ്ങളിലൊക്കെ പ്രാരബത്തേണ് പറയുന്നത് കാര്യം പറയണമെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി പറയണം ലേശാവിദ്യ പറഞ്ഞാൽ എന്താ ദേശാവിദ്യ എന്ന് ചോദിച്ചത് പറയാൻ നമ്മളറിഞ്ഞു എന്താണത് ആ എന്നാ പിന്നെ അത് പറഞ്ഞു ലേശാവിദ്യ പറയേണ്ട കാര്യം ഈ ലേശാവിദ്യ എന്ന് പറയുന്നത് വരുന്ന ദോഷം എന്തെന്ന് വെച്ചുകഴിഞ്ഞാ അവിദ്യ എന്ന് പറയുന്നത് അവയവമുള്ളതല്ല ഭാഗങ്ങളോള ലേശ ഭാഗം ഒന്നാണ് മനസിലായോ അപ്പൊ ലേശാവിദ്യ ഇരിക്കുന്ന വെച്ചാൽ അവിദ്യയുടെ ഒരു ശകലം ഇരിക്കുന്നു അങ്ങനെ ശകല ഇരിക്കുന്ന സാധനമല്ല അതിന് അവയം ഉണ്ടെങ്കിലും അതായത് രജിസർപ്പത്തിന്റെ ഭ്രാന്തി എനിക്കുണ്ടായി പക്ഷെ അതിന്റെ വാല് പോയി തല മാത്രം ഉണ്ടെന്ന് പറഞ്ഞു രജിസർപ്പം അങ്ങനെയിരിക്കും രജിസർപ്പത്തിന്റെ ഭ്രാന്തി എന്ന് പറയുന്നത് പോയി പക്ഷെ തലയുണ്ട് വാല് പോയിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് സർപ്പഭ്രാന്തി എന്ന് പറയുന്ന അതിനകത്ത് അവയവങ്ങളില്ല എന്ത് ഭ്രാന്തിയാണോ കൊണ്ടായത് അത് മൊത്തമാണ് എന്തു ചെയ്യുന്നത് ബാധിച്ചു പോവുകയും ഇല്ലാതുക പിന്നെ അവിദ്യ എന്ന് പറയുന്നത് അവിദ്യ പൂർണ്ണമായും നശിച്ചുപോവുകയാണ് ബാധിക്കുകയാണെങ്കിൽ നശിക്കും അവിടെ പിന്നെ അതിന്റെ ലേശം ഒരു ഭാഗം തന്നെ വാലിരിക്കുക എന്ന് പറയുന്ന നടക്കുന്ന കാര്യ അതുകൊണ്ട് ഇനി ലേശാവിദ്യ പറയൂ ഇനി ലേശാവിദ്യ പറയൂ പറഞ്ഞുകഴിഞ്ഞാ എന്ത് വരും കാരണം ആ വിദ്യക്ക് അവയവമില്ല അവയവമില്ലാത്തതിന്റെ ലേശം ഇരിക്കത്തില്ല മനസിലായ പക്ഷെ ശാസ്ത്രങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അവയാ എന്താണ് ശാസ്ത്രങ്ങളിൽ ലേശാവിദ്യ എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ പറയുന്നവർക്ക് അത് അറിയാം എന്താണ് ഈ ലേശാവിദ്യ എന്ന് പറയുന്നത് അറിഞ്ഞിട്ടാ പറയുന്നത് എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം ബാധിത അനുവർത്തി പറയുന്നത് ബാധിത മേലനുവർത്തിക്കുന്നു എന്നുള്ള ഈ ലേശാവിദ്യ എന്നൊക്കെ പറയുന്നത് നമ്മള് ധരിക്കുന്ന അർത്ഥത്തിലല്ല അപ്പോ ശാസ്ത്രം പ്രമാണമാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാനിക്കും പ്രമാണമാണ് പക്ഷെ അപ്പോൾ ഞാനിക്കും ശാസ്ത്രമുണ്ട് ഞാനീ ശാസ്ത്രം ആശ്രയിക്കുന്നു പക്ഷെ അവിദ്യയില്ല എന്തുകൊണ്ട് ഞാനും അജ്ഞാനത്തെ നശിപ്പിച്ചു ഞാനോ അജ്ഞാനത്തെ നശിപ്പിച്ചു പിന്നെ എങ്ങനെയാണ് ശാസ്ത്രം പ്രമാണത് ഈ ശാസ്ത്രം പ്രമാണമാകുന്നില്ല എന്ന് പറയാൻ കാരണം ഇതാണ് ശാസ്ത്രമെന്ന് പറയുന്ന അവിദ്യ ആശ്രയിച്ചിരിക്കുന്നതാണ് ഞാനിയിലെ എന്തേലും ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു അപ്പം പിന്നെ ആ അജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുന്ന ശാസ്ത്രം അവന് കാണത്തില്ല ഈ പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ജ്ഞാനിക്കും ശാസ്ത്രം പ്രമാണമാണ് എന്ന് വരുമ്പോൾ പിന്നെ എങ്ങനെ ശാസ്ത്രം ജ്ഞാനിക്കു പ്രമാണമാവും അജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുന്ന ആ ശാസ്ത്രത്തിന് കാരണമായ അജ്ഞാനം നശിച്ച പിന്നെ എങ്ങനെ പ്രമാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ മായത് അനുവർത്തിക്കുന്നു അതിന് പലതരത്തിൽ അതിനെ വിശദീകരിക്കുന്ന ഇതൊന്നാണ് ഈ പറയുന്ന ദേശാവിദ്യ നല്ല വിശദീകരണം ഇതാണ് അവിദ്യ ബാധിതമായി ബാധിതമായി പറഞ്ഞ എന്താർത്ഥം പലവണ പറഞ്ഞിട്ടുണ്ട് അസത്യമല്ലെന്നും ബോധിച്ചു സത്യമല്ലെന്നും ബോധിച്ചാലും അവന്റെ അനുഭവത്തിൽ വീണ്ടും തുടരുന്നു എന്ത് സത്യമല്ലെന്ന് ചോദിച്ചു ബോധിച്ചു അവിദ്യ സത്യമല്ലെന്ന് ബോധിച്ചു ശാസ്ത്ര സത്യമല്ലെന്നും ബോധിച്ചു പ്രപഞ്ചസത്യമല്ലെന്നും ബോധിച്ചു ശരീരം ഇന്ദ്രിയം ഇതൊന്നും സത്യമല്ലെന്ന് ബോധിച്ചു ഇതെല്ലാം അസത്യമാണെന്ന് ബോധിച്ചിട്ട് എന്തു ചെയ്യുന്നു ഇതെല്ലാം സത്യം പോലെ അനുഭവപ്പെടുന്നു മനസ്സിലായു സത്യം പോലെയെന്ന് പറയാൻ കാരണം എന്താണ് സത്യമല്ലെന്നും മനസ്സിലാക്കിയിട്ടും വീണ്ടും സത്യം സത്യമായിട്ട് അനുഭവിക്കുന്നതിന് സത്യം പോലെ തന്നെ പറയാൻ പറ്റൂ സത്യമല്ല എന്ന് അറിഞ്ഞതിന് ശേഷവും വീണ്ടും സത്യമായി അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് സത്യം പോലെ അനുഭവപ്പെടും അങ്ങനെയാണ് ബാധിത അനുവർത്തി എന്ന് പറയുന്നത് പവനിലെന്താണ് ബാധിതമായ അധ്യാസം അധ്യാസത്തെ ആശ്രയിച്ചിരിക്കുന്ന ശാസ്ത്രം ഇതെല്ലാം ചെയ്യുന്നു ബാധിതമായിട്ടും നുവർത്തിക്കുന്നു അതുകൊണ്ട് അങ്ങനെ സംബന്ധിച്ച് മുഴുവൻ പ്രമാണമല്ല തത്വമസീദി തുടങ്ങിയ വാക്യങ്ങളെല്ലാം തത്വജ്ഞാനിയെ സംബന്ധിച്ചെന്താണോ പ്രമാണമാണോ മനസ്സിലായോ പ ചോദ്യം വരും എന്തായാലും തത്വജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടായി തത്തുമസി തന്നെ ഞാനും ഉണ്ടായത് ബാധിത അധ്യാസമൊക്കെ ബാധിതമായി എല്ലാം നശിച്ച് വീണ്ടും അനുവർത്തിക്കുന്നു അങ്ങനെ വീണ്ടും തത്തുമസി കേൾക്കുന്നു ആരോ പറഞ്ഞു കേട്ടു ശിഷ്യൻ പറഞ്ഞു കേട്ടാലും മതി വീണ്ടും ഞാനും ഉണ്ടാവുമോ നേരത്തെ തന്നെ ഞാനും ഉണ്ടല്ലോ അപ്പൊ തത്തുമസി കേട്ടാ വീണ്ടും ഞാനോ ഉണ്ടാവുമോ നേരത്തിൽ ഉണ്ടല്ലോ ഞാൻ പിന്നെ ഞാനുണ്ടാവുമോ ഉണ്ടാകുന്നതിന് കൊഴപ്പൊന്നുമില്ല കണ്ണെന്തുകൊണ്ട് അത് പ്രമാണത്തിന്റെ പ്രവൃത്തിയുടെ ഫലമാണ് പ്രമ അത് തന്റെ ആഗ്രഹം അനുസരിച്ചോ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചോ സംഭവിക്കുന്നതല്ല അതിന് ശങ്കരാദാഹരണം പറയുന്നത് എന്താണോ വെളിച്ചം മേശപ്പെടുത്തുന്നുണ്ടെങ്കിൽ കണ്ണുനിറന്ന മേശ കാണും എന്റെ ആഗ്രഹം അനുസരിച്ചുള്ള മേശ കാണും ഞാൻ ആഗ്രഹിക്കേണ്ട കാര്യം അതും അങ്ങനെയാണ് വസ്തുതന്ത്രമാണത് എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചല്ല അതുകൊണ്ട് തത്വാനി ആയിക്കോട്ടെ ഞാനുണ്ട് എന്താണ് ഞാനും തത്ത്വസി എന്നുള്ളതിന്റെ ജ്ഞാനമുണ്ട് വീണ്ടും വീണ്ടും അയാളെ തത്ത് മസി കേൾക്കുന്നു വീണ്ടും ഞാനുണ്ടായിക്കൊണ്ടേ മരണം വരെ മനസിലായോ അതൊന്നും തടസ്സമില്ല അതുകൊണ്ട് ഈ പറയുന്ന ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഭാഷകാരോട് ചർച്ച ചെയ്തിട്ടില്ല അതൊക്കെ ഇനി വരുന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും പ്രാരബ്ധവുമായി ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ സാധാരണ ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന ഭ്രാന്തികളും അതോടൊപ്പം ഇല്ലാതാകുകയും വേണം അദ്വൈതത്തെ സംബന്ധിച്ച് അദ്വൈതികളുടെ നിലപാടെന്തെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ കാരണമാണ് നിങ്ങൾ അദ്വൈതിയാവണോന്ന് നിർബന്ധമൊന്നുമില്ല മനസിലായോ അദ്വൈതി ആയിക്കൊള്ളണമെന്ന് നിർബന്ധം ഇല്ല പക്ഷെ അധവീതിയുടെ നിലപാടുകൾ കൃത്യമായി അറിഞ്ഞിരുന്നു മനസ്സിലായ ഒരാള് എം ബി ബി എസ് പാസ്സായി നല്ലവണ്ണം രോഗികളെ ചികിത്സിക്കുന്നില്ല അതിനർത്ഥം അയാൾക്ക് വൈദ്യശാസ്ത്രം എന്താണെന്ന് അറിയില്ലെന്നാണോ ആണോ വൈദ്യശാസ്ത്ര പണി ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ അതിന്റെ അദ്വൈതം എന്താണെന്ന് അറിയണം അദ്വൈതയാവണോ നിർബന്ധമൊന്നുമില്ല ഞാൻ മനസിലായോ ബാക്കി ബാക്കി എന്താണ് ഇത്ര പെട്ടെന്ന് ണി പോകുന്നു ഇത്രയും വേഗത്തിലാണ് അദ്വൈതം എന്താണെന്ന് കൃത്യമായി മനസിലാക്കണം എന്നാൽ അദ്വൈതി ആകളും നിർബന്ധമില്ല അതൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ആയാ മതി മനസ്സിലായോ ശരി അവിടെ നോക്കട്ടെ